ം ഇരുപത്തിരണ്ട് ദർശനത്താഴ്വരെ കുറിച്ചുള്ള പ്രവാചകം നിങ്ങളെല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്തു ഭവിച്ചു അയ്യോ കോലാഹലം നിറഞ്ഞും ആരവപൂർണമായും ഇരിക്കുന്ന പട്ടണമേ ഉല്ലസിത നഗരമേ നിന്റെ ഹതന്മാർ വാളാൽ കൊല്ലപ്പെട്ടവരല്ല പടയിൽ പട്ടുപോയവരുമല്ല നിന്റെ അധിപതിമാരെല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു അവർ വില്ലില്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിന്നിൽ ഉണ്ടായിരുന്നവരൊക്കെയും ദൂരത്തെ ഓടിപ്പോയിട്ടും ഒരുപോലെ ബദ്ധരായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ ഞാൻ കൈപ്പോടെ കരയട്ടെ എന്റെ ജനത്തിന്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പിപ്പാൻ ബദ്ധപ്പെടരുത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിംഗൽ നിന്ന് ദർശനത്താഴ്വരയിൽ പരാഭവവും സംഹാരവും പരിഭ്രമവുമുള്ളൊരു നാൾ വരുന്നു മതിലുകളെ ഇടിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതുമായ നാൾ തന്നെ എല്ലാം കാലാളും കുതിരപ്പടയുമുള്ള സൈന്യത്തോടുകൂടെ ആവനാഴിക എടുക്കുകയും കീർപ്പരിചയുടെ ഉറ നീക്കുകയും ചെയ്തു അങ്ങനെ നിന്റെ മനോഹരമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറയും കുതിരപ്പട വാതുക്കൽ അണിനിരത്തും അവൻ യഹൂദയുടെ മൂടുപടം നീക്കിക്കളഞ്ഞു അന്ന് നിങ്ങൾ വനഗ്രഹത്തിലെ ആയുധവർഗ്ഗത്തെ നോക്കി ദാവീദിൻ നഗരത്തിന്റെ ഇടിവുകൾ അനവധിയെന്ന് കണ്ടു താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടിനിർത്തി എരുസലേമിലെ വീടുകൾ എണ്ണി മതിലുറപ്പിപ്പാൻ വീടുകളെ പുളിച്ചുകളഞ്ഞു പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ രണ്ടു മതിലുകളുടെ മധ്യേ ഒരു ജലാശയമുണ്ടാക്കി എങ്കിലും അത് വരുത്തിയവെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല പണ്ടു അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല അന്ന് സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മുട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയറുക്കുക ആടെറുക്കുക ഇറച്ചു തിന്നുക വീഞ്ഞുകുടിക്ക നാം തിന്നുക കുടിക്ക നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു സൈന്യങ്ങളുടെ ഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ഭണ്ണാരപതിയും രാജധാനി വിചാരകനുമായ ശബ്നയെ കണ്ട് പറയേണ്ടത് നീ എന്താകുന്നു ഈ ചെയ്യുന്നത് നിനക്കിവിടെ ആരുള്ളൂ ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട് ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്ക് ഒരു കല്ലറ വെട്ടിക്കുന്നു പാറയിൽ തനിക്ക് ഒരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു എടോ നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞുകളയും അവൻ നിന്നെ ഒരു പന്തുപോലെ വിശാലമായൊരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും നിന്റെ യജമാനന്റെ ഗ്രഹത്തിന്റെ ലജ്ജയായുള്ളവേ അവിടെ നീ മരിക്കും നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകും ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കിക്കളയും നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ അന്നാളിൽ ഞാൻ ഹിൽകിയാവിന്റെ മകനായി എന്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും നിന്റെ കച്ച അവനെ അരകെട്ടും നിന്റെ അധികാരം ഞാൻ അവന്റെ കൈയ്യിൽ ഏൽപ്പിക്കും അവൻ എരിശിലെ നിവാസികൾക്കും യഹൂദഗ്രഹത്തിനും ഒരു അപ്പനായിരിക്കും ഞാൻ ദാവീദ് താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കിയില്ല അവനടച്ചാൽ ആരും തുറക്കയുമില്ല ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും അവൻ തന്റെ പ്രതിർഭവനത്തിന് മഹത്വമുള്ളൊരു സിംഹാസനം ആയിരിക്കും അവർ അവന്റെ മേൽ അവന്റെ പ്രതിർഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയേയും കിണ്ണം മുതൽ തുരുത്തിവരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന ആണി ഇളകിപ്പോകുമെന്ന് സൈന്യങ്ങളുടെ ഹോവ അരുളി ചെയ്യുന്നു അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോവുകയും ചെയ്യും യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്